ധ്യായം പതിനെട്ട് അയ്യോ കൂശിലെ നദികൾക്കരികെ ചിറക് കിരുകിരിക്കുന്നതും കടൽവഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണകൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതും ആയ ദേശമേ ശീഖരദൂതന്മാരെ നിങ്ങൾ ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതികളുടെ അടുക്കൽ ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ ഭൂതലത്തിലെ സർവനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ പർവ്വതത്തിന്മേൽ കൊടിയുയർത്തുമ്പോൾ നിങ്ങൾ നോക്കുകീൻ കാഹളമൂതുമ്പോൾ ീൻ യഹോവയെന്നോട് ഇപ്രകാരം അരുളി ചെയ്തു വെയിൽ തെളിഞ്ഞ് മൂക്കുമ്പോൾ കൊയ്ത്തുകാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞുപൊഴിക്കുമ്പോൾ ഞാൻ എന്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും കൊയ്ത്തിനു മുമ്പേ മുട്ടിട്ടു കഴിഞ്ഞു പൂ പൊഴിഞ്ഞ് മുന്തിരിഞ്ഞാ മൂക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ട് വള്ളിമുറിച്ച് ചില്ലി ചെത്തിക്കളയും അതൊക്കെയും മലയിലെ കഴുകിനും ഭൂമിയിലെ മൃഗത്തിനും ഇട്ടുകളയും കഴുക് അതുകൊണ്ട് വേനൽ കഴിക്കും ഭൂമിയിലെ സകലമൃഗവും അതുകൊണ്ട് വർഷം കഴിക്കും ആ കാലത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതി ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതി അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ സൈന്യങ്ങളുടെ ഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ ഹോവയ്ക്ക് തിരുമുൽ കൊണ്ടുവരും